സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൌലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാക്കുന്നു സ്തുത്യനായ ഹോവിയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രമിപ്പിച്ചു പാതാള എന്നെ വളഞ്ഞു മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവൻ കോപിക്കയാൽ അവ പുലുങ്ങിപ്പോയി അവന്റെ മൂക്കിൽ നിന്ന് പുക അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു അവൻ ആകാശം ചായച്ചിറങ്ങി കൂരിരുൾ അവന്റെ കാൽക്കീഴുണ്ടായിരുന്നു അവൻ കെരൂപിനെ വാഹനമാക്കി പറന്നു അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്കു ചുറ്റും കൂടാരവുമാക്കി അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു യഹോവെ നിന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കണായി ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവനെന്നെ വിടുവിച്ചു അവർ എന്നിലും ബലമേറിയവരായിരുന്നു എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട് അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു യഹോവ എന്റെ നീതിപ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി ദയാലുവോട് നീ ദയാലു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു വക്രനോട് നീ വക്രത കാണിക്കുന്നു എളിയ ജനത്തെ നീ രക്ഷിക്കും നികളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും നീ എന്റെ ദീപത്തെ കത്തിക്കും എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ദൈവത്തിന്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന അവൻ പരിചയാകുന്നു യഹോവയല്ലാതെ ദൈവം നമ്മുടെ ദൈവമൊഴികെ പാറയാരുള്ളൂ എന്നെ ശക്തികൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവു തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അവൻ എന്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു നിന്റെ വലങ്കൈ എന്നെ താങ്ങി നിന്റെ സൌമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി എന്റെ നരിയാണികൾ വഴുത്തിപ്പോയതുമില്ല ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല അവർക്ക് എഴുന്നേറ്റു കൂടാതെ വണ്ണം ഞാനവരെ തകർത്തു അവർ എന്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കിട്ടിയിരിക്കുന്നു എന്നോടെതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഭരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി അവർ നിലവിളിച്ചു രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല യഹോവിയോട് നിലവിളിച്ചു അവൻ ഉത്തരമരുളിയതുമില്ല ഞാൻ അവരെ കാറ്റത്തെ പൊടിപോലെ പൊടിച്ചു വീഥികളിലെ ചെളിയെപ്പോലെ ഞാനവരെ കോരിക്കളഞ്ഞു ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും അന്യജാതിക്കാർ എന്നോടനുസരണഭാവം കാണിക്കും അന്യജാതിക്കാർ ക്ഷയിച്ചു തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു യഹോവ ജീവിക്കുന്നു എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ ദൈവം എനിക്കുവേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു അവൻ ശത്രുവശത്തുനിന്ന് എന്നെ വിടുവിക്കുന്നു എന്നോട് എതിർക്കുന്നവർക്കും മീതെ നീയെന്നെ ഉയർത്തുന്നു സാഹസക്കാരന്റെ കൈയിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു അതുകൊണ്ട് യഹോവേ ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു തന്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ